നാം ഇതിനെ അറബിയല്ലാത്ത ഒരു കുർആാനാക്കിയിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദമായി നൽകപ്പെട്ടില്ലേ അറബിയല്ലാത്തവനാണോ അറബിയാണോ ഇത് കൊണ്ടുവന്നത് പറയുക വിശ്വസിച്ചവർക്ക് ഇത് ഒരു മാർഗദർശനവും ശമനവുമാകുന്നു വിശ്വസിക്കാത്തവരുടെ കാതുകളിൽ ബധിരതയുണ്ട് അവർക്ക് ഇത് അന്ധതയുമാണ് അവർ വിദൂരമായ ഒരിടത്തു നിന്നാണ് വിളിക്കപ്പെടുന്നത്